തുടർന്ന് അവൻറെ സഹോദരന്റെ മൃതദേഹം എങ്ങനെ മറയ്ക്കണമെന്ന് കാണിച്ചു കൊടുക്കാനായി അള്ളാഹുസുബാനഹുവല മണ്ണിൽ കൊത്തിക്കൊണ്ടിരുന്ന ഒരു കാക്കയെ അയച്ചു അവൻ പറഞ്ഞു കഷ്ടം എന്റെ സഹോദരന്റെ മൃതദേഹം മറയ്ക്കാൻ ഈ കാക്കയെപ്പോലെയാകാൻ ഞാൻ അശക്തനായോ അങ്ങനെ അവൻ ഖേദിക്കുന്നവരിൽ ഒരാളായി മാറി